ദൈവനാമത്തിന് മഹത്വം നമ്മൾ ഈ മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ വന്നല്ലോ ഈ ആഴ്ചയോടെ ഈ മാസം അവസാനിക്കുകയാണ് ഈ ഞായറാഴ്ചയോടെ ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അടുത്ത ഞായറാഴ്ചയാകുമ്പോൾ പുതിയ മാസമാകും ഈ ആയുസ് നാൾ എന്നൊക്കെ പറയുന്നത് അത് അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എണ്ണിയെണ്ണി കുറയുക എണ്ണി എണ്ണി കൂടുക എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ടെന്നിരിക്കട്ടെ പണമുണ്ട് അമ്പത് രൂപയുണ്ട് പിറ്റേ ദിവസം ഒരു രൂപയൂടെ കിട്ടി അമ്പത് രൂപ അമ്പത്തൊന്ന് രൂപ അമ്പത്തിരണ്ട് രൂപ അമ്പത്തിമൂന്ന് രൂപ നമ്മൾ എണ്ണിയെണ്ണി കൂടിക്കൂടി കൂടി വരിക ആളുകളുടെ എണ്ണം ഇവിടെ ഇപ്പോൾ നൂറ് പേരുണ്ട് അടുത്ത ആഴ്ച രണ്ട് പേരൂടെ വന്ന് നൂറ്റി രണ്ട് അതിൻ്റെ അടുത്താഴ്ച രണ്ട് പേരും കൂടെ വന്ന് നൂറ്റിനാല് അങ്ങനെ കൂടുക എണ്ണി എണ്ണി കൂടുക പക്ഷേ എണ്ണി എണ്ണി കുറയുന്ന ഒരു കാര്യമുണ്ട് അത് ആയുസാണ് ഒരാൾ പറയുക എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് അടുത്ത വർഷം വരുന്നവണ്ണം നാൽപ്പത്തൊന്ന് വയസ്സുണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് എഴുപത് വയസ്സാണ് ദൈവം വെച്ചിട്ടുള്ളതെങ്കിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എന്നിങ്ങനെ എണ്ണിയണ്ണി കുറയുക ചെയ്യുന്നു നോക്കുക നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എണ്ണിയെണ്ണി കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഒരാഴ്ചയുടെ എണ്ണിയണ്ണി കുറഞ്ഞു വന്നിരിക്കുന്നു നമ്മൾ ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് വശങ്ങളാകുള്ളത് എൺപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ ആസാഫ് ആ കാര്യം പറയുന്നുണ്ട് ആസാഫ് പറയുന്നു അതിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും വാക്യവും എൺപത്തൊന്നാം സങ്കീർത്തനം മൂന്ന് നാല് വാക്യങ്ങൾ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമുദി കണ്ടോ നമ്മുടെ ആയുസ് അല്ലെങ്കിൽ നമ്മുടെ നാളുകൾ നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതം എന്നു പറഞ്ഞാൽ ആ ജീവിതത്തെ നമ്മൾ പറഞ്ഞു അത് ഓരോ നാൾ കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഈ ജീവിതം അതിനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ട് തരത്തിൽ അതിനെ വിഭജിക്കാനായിട്ട് നോക്കും ഒന്നുകിൽ അത് എന്താണ് അമാവാസിയാണ് അല്ലെങ്കിൽ അത് പൗർണമാസിയാണ് എന്താക്കി പൗർണമാസി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ നമുക്കറിയാവുന്ന പോലെ പറഞ്ഞാൽ അമാവാസി എന്ന് പറഞ്ഞാൽ കറുത്തവാവ് എന്ന അർത്ഥം പൗർണവാസിയെന്ന് വെച്ചാൽ വെളുത്തവാവ് എന്ന അർത്ഥം അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പാടുന്നത് അല്ലെങ്കിൽ ആസാഫ് പാടാൻ ആഗ്രഹിക്കുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ കറുത്തവാവിലും നമ്മുടെ ജീവിതത്തിൻ്റെ വെളുത്തവാവിലും നമ്മൾ എന്ത് വേണം ദൈവത്തിന് കാഹളം ഊതണം എന്ന് തന്നെയല്ല നാലാമത്തെ വാക്യത്തിൽ ഇത് ഇസ്രായേലിന് നമ്മൾ പുതിയ നിയമ ഇസ്രായേലാണല്ലോ നമുക്ക് ഇതൊരു ചട്ടമായിട്ട് ഈ ആക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്കിതിൽ നിന്ന് മാറാനായിട്ടൊക്കെ ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മളെന്താ പറഞ്ഞു വന്നത് ഇവിടെ ആസാഫ് ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളായി എപ്പോഴും വരുന്നു ഒന്നിൽ സന്തോഷത്തിൻ്റെ സമയം അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ സമയം ഈ പൗർണമാസി അല്ലെങ്കിൽ വെളുത്തവാവെന്ന് പറയുമ്പോൾ എന്താ വെളുത്തവാവ് വളരെ സന്തോഷമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ വെളുത്തവാവ് വെളുത്തവാവെന്ന് പറഞ്ഞാൽ എന്താന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ എന്ന് വെച്ചാൽ വെളുത്തവാവെന്ന് വെച്ചാൽ മാസത്തിൽ പൂർണ്ണചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ നിൽക്കുന്ന രാത്രിക്കാണ് വെളുത്തവാവെന്ന് പറയുന്നത് എന്നാൽ പൂർണ്ണചന്ദ്രൻ കഴിഞ്ഞ് എന്ത് പറ്റും അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അവസാനം അതെന്താകും തീർത്തും ചന്ദ്രൻ ഉദിക്ക് ഇല്ലാത്ത ഒരു രാത്രി വരും അതാണ് കർത്തവാവ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ജീവിതവും കർത്തവാവിനും വെളുത്തവാവിനും ഇടയിലുള്ള ഒരു ഊഞ്ഞാലാട്ടമാണ് എന്ന് നമുക്ക് പറയാം ആടിയാടി വെളുത്തവാവി വന്നു അവിടുന്ന് ആടിയാടി കറുത്തവാവി വന്നു പിന്നെയും വെളുത്തവാവിൽ കറുത്തവാവിൽ പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു നിങ്ങൾ എന്തോ വേണം വെളുത്തവാവ് വരും കറുത്തവാവ് വരും പക്ഷെ രണ്ടിലും എന്തോ വേണം നമ്മുടെ ദൈവത്തിന് കാഹളം ഊതിക്കോണം എന്നാണ് പറഞ്ഞേക്കുന്നത് ആസാഫിത് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ആലയവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇസ്രായേലിനുണ്ടായിരുന്ന പല പെരുന്നാളുകളിൽ ഒന്നാണ് കൂടാരപ്പെരുന്നാൾ ഈ കൂടാരപ്പെരുന്നാൾ ഏഴാം മാസത്തിലാണ് ആചരിക്കുന്നത് ഈ ഏഴാം മാസത്തിൽ ആചരിക്കുമ്പോൾ അത് ആ നിലയിൽ ഒരു പൗർണമാസി ഒരു പൂർണചന്ദ്രൻ്റെ ദിവസമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആസാഫിനറിയാം അങ്ങനെയുള്ള കൂടാരപ്പരുന്നാളിൻ്റെ ആഘോഷങ്ങളും ഉത്സാഹങ്ങളും ഉത്സവ ദിവസങ്ങളും വെളുത്തവാവും ഒക്കെ എന്നും നിൽക്കുകയില്ല വെളുത്തവാവും എല്ലെ മെല്ലെ മെല്ലെ അതിൻ്റെ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായി വന്ന് അവസാനം തീർത്തും ചന്ദ്രനില്ലാത്ത അവസ്ഥ വരാം ജീവിതം എപ്പോഴും ഇങ്ങനെ രണ്ടവസ്ഥയാണ് ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം ഒന്നുകിൽ സന്തോഷം അല്ലെങ്കിൽ സന്താപം കണ്ടോ എണ്ണിയെണ്ണി കുറയുന്ന നമ്മുടെ ആയുസിനെ നമ്മൾ പിന്നെയും നോക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് പിന്നെയും ഭജിക്കാം അമാവാസിയെന്നും പൗർണവാസിയെന്നും പറയാം എന്നാൽ നമുക്കൊരു ചട്ടം തന്നിട്ടുണ്ട് എന്താ ചട്ടം ഇസ്രേ ഇസ്രായേലിനൊരു ചട്ടം തന്നിട്ടുണ്ട് ഈ രണ്ട് ഘട്ടത്തിലും നമ്മൾ എന്തോ വേണം നമ്മൾ നമ്മുടെ ദൈവത്തിന് കാഹളമൂതണം ദൈവത്തെ സ്തുതിക്കണം ദൈവവുമായിട്ട് സ്പർശിതയിലായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് സാധാരണ നമ്മുടെ സ്വഭാവം എന്താ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവം എന്താ നല്ല പൂർണ്ണചന്ദ്രൻ ഉള്ളപ്പോൾ അല്ലെങ്കിൽ പൗർണമാസിയിൽ നമുക്ക് ദൈവത്തിന് കാഹളമൂതാൻ സന്തോഷമാണ് അല്ലേ കാര്യങ്ങളെല്ലാം പകിട പന്ത്രണ്ടേ എന്നായിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുമെല്ലാം നടന്നു മോൻ്റെ വിസ വന്നു അവൻ അങ്ങോട്ട് പോയി മോടെ ആ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും പകിട പന്ത്രണ്ടേന്നായിരിക്കുമ്പോൾ ഓ ദൈവം എനിക്ക് വലിയവനാണ് ദൈവത്തെ അസ്തുതിക്കുന്നു ദൈവം ദൈവമില്ലായിരുന്നെങ്കിൽ ഈ സഹോദരൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു സാഹചര്യം വരുന്നു ഒരു തലവേദന എന്താ പ്രേറെ എന്തുപറ്റി ഓ തലവേദനയാണ് സഹോദരി കണ്ടില്ലല്ലോ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ഇവിടെ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് അമാവാസി വരും പൗർണവാസി വരും രണ്ടിലും നമ്മൾ എന്ത് വേണം നമ്മൾ കാഹളം ഊതണം ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദാവിദിൻ്റെ ഒരു സങ്കീർത്തനം അറുപത്തിരണ്ടാം സങ്കീർത്തനം അറുപത്തിരണ്ടാം സങ്കീർത്തനത്തിലും ദാവീതിതേ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട് അറുപത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ ക്ഷമിക്കണം അറുപത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം അറുപത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീ രണ്ട് കാലങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഈ രണ്ട് കാലത്തും നമ്മൾ എന്ത് വേണം അവനിൽ തന്നെ ആശ്രയിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം ദാവീദ് ഇത് പറയുമ്പോൾ ദാവീതിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ ചാരുന്ന ദൈവവുമായിട്ട് സ്പർശതയുള്ള ഒരു ജീവിതമായിരുന്നു തൻ്റെ ജീവിതം നമ്മുടെ ജീവിതവും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ ദാവീതിൻ്റെ ഹൃദയമുള്ള ആളുകളായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിലായിരിക്കണം അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളീ ദാവീദിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു അധ്യായത്തിൽ ഒരേ അധ്യായത്തിൽ തന്നെ രണ്ട് ഇടത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ അപ്പോസ്തല പ്രവൃത്തി പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു കണ്ടോ ഇവിടെ എന്താ പറയുന്നത് ദാവീദ് തൻ്റെ തലമുറയിൽ തൻ്റെ തലമുറയിൽ ആ ദാവീദ് ജീവിച്ചത് ആ തൻ്റെ അവൻ്റെ ജീവിതത്തെ മുഴുവൻ നോക്കിയിട്ട് അവൻ അവിടെ എന്താണ് ചെയ്തത് ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഹിതം ആ തലമുറയിൽ തന്നെ സംബന്ധിച്ച ദൈവഹിതം ആ തലമുറയിൽ നിറവേറ്റി നിറവേറ്റിയ ശേഷം നിദ്ര പ്രാപിച്ചു സത്യത്തിൽ കല്ലറകളിൽ എഴുതി വയ്ക്കാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു കാര്യമാണ് നമ്മളൊക്കെ എന്താ ഇത് ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ നമ്മളായിരിക്കുന്ന തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിന് ശുശ്രൂഷിക്കുക ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച ശേഷം സമയമായപ്പോൾ നിദ്ര പ്രാപിച്ചു കൊള്ളാം മനോഹരമായ ഒരു കാര്യമാണ് ഇതേ അധ്യായത്തിൽ തന്നെ ദാവീതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നു ദൈവം ദാവീത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നിടത്ത് അതിനെക്കുറിച്ച് ചേർത്ത് ദൈവ ദൈവത്തിൻ്റെ ഹിതം താൻ ചെയ്തു എന്ന് പറയുന്നതിനോട് ചേർത്ത് അതിൻ്റെ ഇരുപത്തി വാക്യം നോക്കുക അപ്പോൾ സ്ലപ്പുറത്തി പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ട് അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ദാവീദിനെക്കുറിച്ചുള്ള ഒരു മറ്റൊരു വാക്യമാണ് ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്നവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ദാവീദ് അപ്പം എന്തോ ചെയ്യും എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യും എന്ന് ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു ആ ദൈവം പറഞ്ഞ സാക്ഷ്യത്തിനൊപ്പമായിരുന്നു അവൻ്റെ ജീവിതമെന്ന് മുപ്പത്താറാമത്തെ വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു ദാവീത് എന്തോ ചെയ്തു ദൈവത്തിൻ്റെ ഹിതം തൻ്റെ തലമുറയിൽ ചെയ്തു തൻ്റെ തലമുറയിൽ ചെയ്തു നമ്മളിപ്പം ഏതൊരു പുതിയ നിയമഭക്തനും നേരിയൊരു അസൂയ തോന്നത്തക്കവണ്ണം ദൈവമുമ്പാകെ ജീവിച്ച ഒരു പഴയ നിയമഭക്തനാണ് ദാവീദ് എന്താ താൻ ഏത് സമയത്തും ജീവിതത്തിൻ്റെ ഏത് സമയത്തും കറുപ്പിലും വെളുപ്പിലും അമാവാസയിലും പൗർണവാസയിലും ഏത് സമയത്തും ദൈവത്തിൻ്റെ ആ സമയത്തെക്കുറിച്ചുള്ള ഹിതത്തിനനുസരിച്ച് താനെ ജീവിച്ചു തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു പൂർത്തിയാക്കി താനെ നിദ്ര പ്രാപിച്ചു ദൈവം നേരത്തെ തന്നെ പറഞ്ഞു ഇവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും അത് അച്ചട്ടായിട്ട് ദാവിതത് ചെയ്തു ദൈവത്തിൻ്റെ ഹിതമൊക്കെയും തൻ്റെ തലമുറയിൽ നമുക്കെപ്പോഴും നമ്മുടെ തലമുറയിലേ ജീവിക്കാനൊക്കെ ഉള്ളു നമുക്ക് എഴുപതോ എൺപതോ വർഷം ഒരു തലമുറയിൽ തന്നിരിക്കുന്നു അവിടെ നമ്മളെ ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ദാവിദ് എങ്ങനെയാ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തൻ്റെ തലമുറയിൽ ജീവിച്ചത് അതുപോലെ തന്നെ നമ്മളും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം ദാവിദ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചത് തൻ്റെ രണ്ട് ഘട്ടത്തിലും ദൈവത്തോട് ചേർന്നവൻ നടന്നു അല്ലാതെ സുഖമുണ്ടായപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ദൈവത്തെ വിട്ടു പോവുകയും ചെയ്യുകയായിരുന്നില്ല ദാവിത ചെയ്തത് നമ്മളോടും ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഏ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയിൽ നമ്മൾ അങ്ങനെ ഒരു തലമുറയാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ കർത്താവ് ഒരിക്കൽ പറഞ്ഞു ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ നമ്മളായിരിക്കുന്ന ആ കാലഘട്ടം ആ തലമുറ എന്ന് പറയുന്നത് ദോഷവും വ്യഭിചാരവുമുള്ള വക്രതയും കോട്ടവുമുള്ള തലമുറ പക്ഷേ ആ വക്രതയും കോട്ടവുമുള്ള ഇങ്ങനെയൊരു തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ തലമുറയെ ശുശ്രൂഷിച്ച ശേഷം ആ തലമുറയിലുള്ളവരെ സേവിച്ച ശേഷം അവരെ സെർവ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ആ തലമുറയിൽ ദൈവഹിതമെല്ലാം പൂർണ്ണമായി നിവർത്തിച്ച ശേഷം ദാവീദിനെ പോലെ നമുക്കും നിദ്ര എത്ര മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് നമുക്കിങ്ങനെ പറയാം ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയത് രണ്ട് ഘട്ടത്തിലും അവൻ്റെ ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു മറ്റാരേക്കാളും ഏറെ നമ്മൾ വിചാരിക്കും ഒരു രാജാവാകുമ്പോൾ എപ്പോഴും സുഖമുള്ള ജീവിതം മാത്രമാണ് അങ്ങനെയല്ല ദാവീതിൻ്റെ അനുഭവം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ജീവിതത്തിൻ്റെ ഈ രണ്ട് വശവും അമാവാസിയും പൗർണമാസിയും വെളുത്തവാവും കറുത്തവാവും രണ്ടും ഒരേ പോലെ മാറി അനുഭവിച്ച ഒരാളാണ് ദാവീദ് പക്ഷേ നമ്മൾ ദാവീദിൻ്റെ ചരിത്രം ഒന്ന് നോക്കുക ഒന്ന് ചമുകൾ ആ ചരിത്രം കോറിയിട്ടിരിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കിയാൽ ഈ രണ്ട് ഘട്ടത്തിലും ദാവീദ് എന്ത് ചെയ്തില്ല ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും മാറിയില്ല ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ ആദ്യം താന് ശവുലിനെ ഒരു താല്പര്യമുള്ള ആളായിട്ടാണ് വരുന്നത് ശൗല് ആദ്യത്തെ രാജാവായിട്ടിരിക്കുമ്പോൾ ശവുലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫലിസ്ഥ മല്ലൻ ആ ഗോലിയാത്ത് വന്നപ്പം ഈ ഗോലിയാത്തിനെ നേരിടാൻ ആരുമില്ലാതെ എല്ലാവരും പേടിച്ചു പോയപ്പം ശൗല് ആരെങ്കിലും ആ നിലയിൽ മുന്നോട്ട് വന്നാൽ അവന് സമ്മാനങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്തപ്പോൾ ദാവീദ് മുന്നോട്ട് വരുന്നു ദാവീദ് വന്നിട്ട് ആ ഫലിസ്തീയ മല്ലനോട് പറയുന്നു നീ ആക്ഷേപിച്ച ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് വളരെ ധീരതയോടെ വന്ന് ആ ഗോലിയാത്തിനെ നേരിട്ട് ഗോലിയാത്തിനെ കൊന്നു അങ്ങനെയാണ് ശൗലിൻ്റെ പ്രീതിയിലേക്ക് ദാവിത് വരുന്നത് അതുവരെ ഈ ഇസ്രായേൽ ദേശത്ത് അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് ആടിനെ മേയിച്ച് നടന്ന പത്തോ പതിനേഴോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ഈ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ നിലവിലുള്ള രാജാവിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഇങ്ങനെ ഗോലിയാത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്നാൽ അങ്ങനെ വന്നു നമുക്കറിയാം ആ ചരിത്രം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ രാജാവിന് ശൗലിന് ഇവനോട് അസൂയ തോന്നി അസൂയ തോന്നി അവനെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ശ്രമങ്ങൾ നടത്തിയപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ആ ഘട്ടത്തിൽ ദാവീദ് എന്താ ചെയ്തത് ദാവീദ് പേടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കിങ്ങനെ നിരന്തരം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ആ സമയത്തിൽ കണ്ടോ ആദ്യം ഒരു പൗർണമാസിയുടെ അനുഭവം വന്നു ഗോലിയാത്തിനെ തോൽപ്പിച്ചു അവന് രാജകീയ സമ്മാനവും അംഗീകാരവും ഒക്കെ കിട്ടി വെളുത്തവാവിൻ്റെ അവസരം പക്ഷേ പിന്നീട് എന്ത് പറ്റി പിന്നീട് രാജാവിൻ്റെ ശൗലിൻ്റെ വേട്ടയാടൽ വന്നപ്പം അവൻ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പേടിച്ച് ഓടി ഓടി പോകുന്നു അങ്ങനെ ഓടിപ്പോകുന്ന ഘട്ടം അവൻ്റെ ജീവിതത്തിലെ എന്തായിട്ട് നമുക്ക് കാണാം കറുത്തവാവിൻ്റെ ദിവസങ്ങളായിട്ട് കാണാം പക്ഷെ അങ്ങനെ പേടിച്ച് ഓടിപ്പോയപ്പോഴും അവൻ എന്ത് ചെയ്തില്ല ദൈവത്തെ വിട്ടുകളഞ്ഞില്ല ദൈവത്തോട് സ്പർശതയുള്ളവനായിട്ട് ആയിരുന്നു ഇരുപത്തിരണ്ടാമത്തെ ഒന്നിച്ചുമുതൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്നു മോവാബ് രാജാവിനോട് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർപ്പാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു കണ്ടോ ദാവീദ് ഇസ്രായേലുകാരനാണ് ഇസ്രായേലിൽ എല്ലാവർക്കും മതിപ്പുള്ളവനാണ് പക്ഷേ ഇപ്പോൾ ഷൗലിനെ പേടിച്ച് താൻ ഓടി നടക്കുമ്പം താൻ ചെന്ന് ഒരു മോവാബ് രാജാവിനെ ആശ്രയിക്കുക മോവാബ് രാജാവിനോട് താൻ ഒരു കാര്യം പറയുക എന്താ പറയുന്നത് എൻ്റെ അപ്പനും അമ്മയും എനിക്കിപ്പം ഒരു മകനെന്നുള്ള നിലയിൽ അപ്പൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം അതെൻ്റെ കർത്തവ്യമാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ അത് വേണ്ട പോലെ നോക്കാൻ ഒക്കുകയില്ല ഞാൻ തന്നെ എൻ്റെ ജീവനും കയ്യിലെടുത്ത് പിടിച്ച് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കാര്യം നോക്കാൻ എനിക്ക് ഇപ്പോൾ സമയമില്ല സാവകാശമില്ല അതുകൊണ്ട് രാജാവ് എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യണം ഒരു സഹായം ചെയ്യണം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുത്ത് കുറച്ച് ജീവിക്കാൻ കാര്യങ്ങളെ ക്രമീകരിച്ച് തരണം എന്ന് താൻ ചെന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടോ മറ്റൊരാളെ ചെന്ന് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ആകപ്പാടെ ഒരു അപമാനത്തിൻ്റെ ഒരു സമയം സ്വന്തം നാട്ടിലെ രാജാവിനാൽ വേട്ടയാടപ്പെടുന്നു ആകപ്പാടെ ഒരു കറുത്ത ഒരു അവസരം ആ അവസരത്തിലും ദാവീദ് ഇവിടെ മോവാബ് രാജാവിനോട് പറയുമ്പം ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു റെഫറൻസ് അവിടെ നമ്മൾ കാണുന്നുണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നറിവോളോ കണ്ടോ ഇവിടെ അവൻ ദൈവത്തെ പഴി ദൈവത്തെ ദുഷിക്കുന്നില്ല ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും എന്ന പ്രതീക്ഷ അത് ചെയ്വോളം എന്നേക്കും എൻ്റെ അപ്പനെയമ്മയെ സൂക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം മോബാബി രാജാവിനെ ഞാൻ ഏൽപ്പിക്കുന്നില്ല മറിച്ച് ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് വെളിവായി വരുന്നവരെ തൽക്കാലത്തേക്ക് ഇവരെ ഒന്ന് സൂക്ഷിച്ചോണേ എന്നാണ് അവൻ പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിനുള്ളത് നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുമല്ലോ ഈ ദാവീത് രാജാവ് അവനൊരു വിഷമം പിടിച്ച രംഗത്തായിരുന്നിട്ടും അവന് ദൈവത്തോടുള്ള അവൻ്റെ മനോഭാവത്തിൽ ഒരു മാറ്റമില്ല ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അവനുണ്ട് ഇരുപത്തി മൂന്നാം അധ്യായം നമ്മൾ വളരെ വേഗത്തെ വേണമെങ്കിൽ നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ദാവിതങ്ങനെ പിന്നെ അപ്പനെയമ്മയും ഒക്കെ അവിടെ ആക്കിയിട്ട് ദാവീതും കൂടെ ഉള്ളവരും കൂടെ ഇങ്ങനെ ഓടി നടക്കുക ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഓടി ശൗലിനെ പേടിച്ച് ഒളിവിൽ താമസിച്ച് ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വരുമ്പം അവിടെ ഫെലിസ്തീര് വന്ന് കെയ്യില എന്ന് പറഞ്ഞ പട്ടണത്തിന് നേരെ യുദ്ധം ചെയ്യുന്നു എന്ന് ദാവീദ് കേട്ടു ദാവീദ് ഉടനെ എന്തു ചെയ്തു ദാവീദ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ദാവീദ് യെഹോവയോട് ഞാൻ ഈ ഫെലിസ്തീനെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദി എന്ന് ചോദിച്ചു യഹോവ ദാവീദിനോട് ചെന്ന് ഫെലിസ്തീനെ തോൽപ്പിച്ച് കെയ്യിലയെ രക്ഷിച്ചു എന്ന് കൽപ്പിച്ചു ദാവീദ് ഉടനെ തൻ്റെ കൂടുള്ളവരോട് പറഞ്ഞു നമുക്കിങ്ങനെ ചെയ്യാം നമ്മളിപ്പം ഇവിടെ ഒക്കെ മറ്റ് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ പോയി ഈ രാജ്യത്തെ ഈ പട്ടണത്തെ നമുക്ക് രക്ഷിക്കാം ഫിലിസ്തയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താം ദൈവത്തോട് ഞാൻ ആലോചന ചോദിച്ചു ദൈവവും അത് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു ഉടനെ ദാവീദിൻ്റെ ആളുകൾ അവനോട് അവർ കുറച്ചും കൂടെ യുക്തിഭദ്രമായിട്ട് സംസാരിക്കുന്ന നമുക്ക് തോന്നും അതിൻ്റെ മൂന്നാമത്തെ വാക്യം എന്നാൽ ദാവീദിൻ്റെ ആളുകൾ അവനോട് നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നുവല്ലോ പിന്നെ കൈയിലെ ഫെലിസ്തീനെ നേരെ എങ്ങനെ ചെല്ലും ശരിയല്ലേ നമ്മുടെ കാര്യം തന്നെ ഇവിടെ സന്ദേഹത്തിലാണ് അല്ലേ നമ്മുടെ കാര്യം തന്നെ ഇവിടെ ആകെ വിഷമത്തിലാണ് നമ്മൾ തന്നെ രാജാവിനെ പേടിച്ചും ഒക്കെ ഇങ്ങനെ പോവുക അതിൻ്റെ ഇടയിലാണ് ഏഹ് വഴിയെ പോയ വയ്യാവേലി നമ്മളെടുത്ത് തോളെ വെക്കണോ എന്ന് ഇവർ കൂട്ട് കൂടെ ഉള്ളവർ ചോദിച്ചു അപ്പോൾ ദാവീദിന് സ്വാഭാവികമായിട്ടൊരു സംശയമായി ദാവീദ് എന്തോ ചെയ്തു നാലാം വാക്യം ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു യഹോബനോട് നീ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കണ്ടോ തൻ്റെ ജീവിതത്തിലെ വളരെ കർത്തവാവിൻ്റെ ദിവസങ്ങളിലൂടെ ആ കടന്നു പക്ഷേ അങ്ങനെ കടന്നു ദൈവത്തോട് ആലോചന ചോദിക്കാനും ദൈവത്തിൽ നിന്ന് കേൾക്കാനും ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് നീ അത് ചെയ്യാൻ പറഞ്ഞാൽ ആ ആലോചനയനുസരിച്ച് പോയി യുദ്ധം ചെയ്യാനും ഒക്കെ തൻ്റെ തലമുറയിൽ താൻ ദൈവത്തോട് സ്പർശതയുള്ളവനായിട്ട് താനായിരുന്നു ആ എന്നിട്ട് നമ്മൾ ആ ഭാഗം ഇരുപത്തിമൂന്നാം അധ്യായം പിന്നീട് നമ്മൾ വായിച്ചു പോയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇവരെ ദാവീത് എന്ത് ചെയ്തു ദാവീത് ചെന്ന് ഈ ഫെലിസ്തീൻ്റെ കയ്യിൽ നിന്ന് കൈയിലെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയപ്പോൾ ആ പട്ടണക്കാർക്കെല്ലാം ദാവീദിനോട് വലിയ താല്പര്യമായി ദാവീദിനെ വലിയ ആളായിട്ട് അവരുടെ പട്ടണത്തിൽ സ്വീകരിച്ചു പക്ഷേ ശവുൽ ഇത് കേട്ടു ശവുല് കേട്ടപ്പം ശാരെ തേടിക്കൊണ്ടിരിക്കുക ദാവീദിനെ തേടിക്കൊണ്ടിരിക്കുക ഇതേ വരെ അവനെ പിടികിട്ടാത്തതിന്റെ കാര്യം അവൻ മരുഭൂമിയിലും ഗുഹയിലും വനത്തിലും ഒക്കെ ഓടിയോടി നിന്നത് കൊണ്ട് അവനെ പിടികിട്ടാഞ്ഞത് ഇപ്പം അവൻ കെയ്യില എന്ന് പറയുന്ന പട്ടണത്തിലുണ്ടെന്ന് കേട്ടു ഉടനെ ശവുലിന്ന് സന്തോഷമായി ഈ പട്ടണത്തിൽ അവനായിരുന്നാൽ എന്തുണ്ട് പട്ടണത്തിന് മതിലുണ്ട് പട്ടണത്തിന് അടിച്ചുറപ്പുള്ള വാതിലുമൊക്കെ ഉണ്ട് അതിനകത്ത് എലിവില്ലിനകത്ത് അകപ്പെട്ട എലിപ്പത്തായത്തിനകത്ത് അകത്ത് അകപ്പെട്ട എലിയെപ്പോലിപ്പോൾ അവന് എവിടെയാണ് ഈ പട്ടണത്തിനകത്ത് ഒതുങ്ങിപ്പോയി മറ്റേ അവനെ കാട്ടിലൂടെ എവിടെയൂടെ ഒക്കെ നടക്കുക അവനെ തപ്പിപ്പോകുന്നത് വലിയ പാടാണ് ഇപ്പോൾ അവൻ എവിടെ ഉണ്ട് ഒരു പട്ടണത്തിൻ്റെ അകത്തുണ്ട് എലിപ്പത്തായത്തിൻ്റെ അകത്ത് എലിപ്പെട്ടു പക്ഷേ ജീവനോട് അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന പോലെ കെയ്യിലെന്ന് പറയുന്ന ഈ പട്ടണത്തിൽ അവനുണ്ട് എനിക്കിപ്പം നല്ല തരമാണ് അവനെ പിടികൂടാൻ എന്ന് ഷൗല് പ്ലാൻ ചെയ്യുന്നു ഉടനെ ദാവീദ് ഇതിനെക്കുറിച്ചൊരു സൂചന കിട്ടിയപ്പം ദാവീദ് എന്തോ ചെയ്യുന്നു ദാവീദ് അവിടെ താന് അവൻ്റെ അതിൻ്റെ വാക്യം നോക്കിയാൽ ഇരുപത്തി മൂന്നിൻ്റെ ഒൻപത് ഷൗൽ തൻ്റെ നേരെ ദോഷം ആലോചിക്കുന്നുവെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാധാരനോട് ഏ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ആലോചനാ ഹിതം എന്താണ് ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട് അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഏഫോത് അത് ദാവീദിൻ്റെ കൂടെ വന്ന ആ പുരോഹിതനായ അബ്യാധാരൻ്റെ പക്കലുണ്ടായിരുന്നു എന്നിട്ട് അബ്യാധാരനെ വിളിച്ചിട്ട് ചോദിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ ശൗൽ കൈയിലേക്ക് വന്ന് എൻ്റെ ദിവസത്തെ ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു അങ്ങനെ വന്നാൽ ഈ കൈയിലെ പൗരന്മാർ എന്നെ അവൻ്റെ കയ്യിൽ കൊടുക്കുമോ അടിയൻ കേട്ടിരിക്കുന്നതുപോലെ ശൗൽ വരുമോ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു ഉടനെ ദൈവത്തിൻ്റെ അരുളപ്പാടവനുണ്ടായി അവൻ വരും കണ്ടോ നമ്മളിതൊക്കെ വളരെ വേഗത്തിൽ വായിച്ചു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് വിഷലൈസ് ചെയ്യുകയില്ല ശൗലെന്തോ ചെയ്യും ശൗല് ഈ പട്ടണത്തിൽ വരും പട്ടണത്തിൽ വരുമ്പോൾ ഈ പട്ടണക്കാരെല്ലാം അതിൻ്റെ ഗേറ്റും എല്ലാം അടച്ച് അതിനകത്ത് സുഖമായിട്ട് നിൽക്കും ഉടനെ ശൗല് പറയും നിങ്ങളുടെ ഇടയിൽ എനിക്കിഷ്ടമില്ലാത്ത ദാവീതെന്ന് പറഞ്ഞൊരുവനുണ്ട് അവനെ വേഗം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഞാൻ വേണേൽ ഈ പട്ടണത്തെ ചൂട്ടുകളയും നിങ്ങളതുകൊണ്ട് ആലോചിച്ചോ ഒരു പട്ടണം മുഴുവൻ നശിക്കണോ അതോ ദാവീദ് ദാവീദിനെ നിങ്ങൾ വിട്ടുതരുന്നു അപ്പം ഈ പൗരന്മാർ ഇരുന്ന് ആലോചിക്കും ചിലർ പറയും ആ ദാവീദിനെ എങ്ങനെയാണ് വിട്ടുകൊടുക്കുന്നത് ദാവീദ് അല്ലേ നമ്മളെ ഫിലിസ്തേൻ്റെ അയിൽ നിന്ന് രക്ഷിച്ചത് അപ്പോൾ ഭൂരിപക്ഷം പേരും പറയും എന്താ പറയും ഓ അതൊക്കെ അന്ന് അവൻ രക്ഷിച്ചു പക്ഷേ ഇപ്പം എന്താ ശൗല് ഭയങ്കര ദേഷ്യക്കാരനാണ് അയാൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും നമ്മുടെ പട്ടണത്തെ ചുട്ട് കളഞ്ഞാൽ നമ്മൾ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം നശിച്ചു പോവും നമ്മളൊരു പട്ടണം നശിക്കുന്നതാണോ നല്ലത് ഒരുത്തനെ ഏൽപ്പിക്കുന്നതാണോ നല്ലത് അതുകൊണ്ട് നമുക്കിവിനെ കയ്യും കാലും കിട്ടി ശൗലിനെ അങ്ങ് ഏൽപ്പിച്ചാൽ നമ്മൾ സ്വസ്ഥമായിരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞ് അങ്ങനെ ചെയ്യും ചെയ്തേക്കും എന്ന് ദാവീത് ചിന്തിച്ച് ദൈവത്തോട് ചോദിച്ചു അതിൻ്റെ പന്ത്രണ്ടാം വാക്യം കണ്ടോ കയ്യില പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ദൈവത്തോട് ചോദിച്ചു അപ്പോൾ യഹോവാരലി ചെയ്തു അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് തന്നെ യഹോവാരളിൽ ചെയ്തു ആ അഭിപ്രായം കേട്ടപ്പോൾ ശവുലിൻ്റെ കയ്യിൽ പെടാതെ ദാവീദ് ആ കൈയിലെന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് വീണ്ടും വനത്തിലേക്കും മരുഭൂമിയിലേക്കും തൻ്റെ പ്രയാണം തുടരുന്നതാണ് ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ ശൗലിനെ പേടിച്ചുള്ള ഓട്ടത്തിൻ്റെ സമയത്തും ദാവീദ് തനിക്ക് ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു ദൈവത്തിൽ നിന്ന് ആലോചന കിട്ടുമായിരുന്നു ദൈവം മറുപടി നൽകുമായിരുന്നു ആ മറുപടിക്കനുസരിച്ച് താൻ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമായിരുന്നു ജീവിതത്തിൻ്റെ അമാവാസിയിൽ ആ കർത്തവാവിൻ്റെ സമയത്തും ദൈവം അകന്ന് നിൽക്കുന്ന ഒരാളായിരുന്നില്ല ദാവീദിനെ സംബന്ധിച്ച് എന്നാൽ പിന്നെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിങ്ങളെ ഈ ഭാഗങ്ങളൊക്കെ ഒന്നു ദാവീതിൻ്റെ കഥയൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കാറുണ്ടല്ലോ നമ്മൾ മുപ്പതാം അധ്യായത്തിലേക്ക് വരുമ്പം ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിരാശാജനകമായ വേറൊരു രംഗം നമ്മൾ കാണുന്നുണ്ട് അവിടെ ദാവീദ് എന്ത് ചെയ്യുന്നു ദാവീദ് പിന്നെയും ഒളിച്ച് ജീവിക്കുമ്പം അവൻ ചെന്ന് ആഘീഷെന്ന് പറഞ്ഞ ഫലിസ്തീൻ രാജാവിനെ ചെന്ന് ആശ്രയിച്ച് ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുമ്പം ഈ ആഘീഷ് ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിനായിട്ട് ഫലിസ്തീന് പുറപ്പെടുക ഉടനെ ദാവീദോട് അവരെ സഹായിക്കാനായിട്ട് അവരുടെ കൂടെ ചെന്നു ചെന്നപ്പം ആകീഷിൻ്റെ കൂടുള്ള ആളുകൾ പറഞ്ഞു ഇവനെ നമ്മൾ നമ്പരുത് ഇവനാര ഇവൻ ഒരു കാലത്ത് നമ്മുടെ ഗോലിയാത്തിനെ കൊന്നതാ അന്ന് ശൗലായിരത്തെ കൊന്നു ദാവീതോ പതിനായിരത്തെ എന്ന് ഇവർ പാടുകയും ഒക്കെ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒന്ന് ശബുലി ഇരുപത്തൊൻപതാം അധ്യായത്തിലാണ് ഈ സംഭവം പറയുന്നത് അതുകൊണ്ട് ഇവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ട ഇവനെ പറഞ്ഞയക്കെന്ന് പറഞ്ഞു ആകീഷ് എന്തോ ആകേഷ് ദാവീദിനോട് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കുക ഇരുപത്തൊൻപതിൻ്റെ ഒമ്പത് ആകേഷിന് ദാവീദിനെ പറഞ്ഞു വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ആകേഷിന് ദാവീദിനെക്കുറിച്ച് വളരെ നല്ല മതിപ്പായിരുന്നു ആകേഷ് ദാവീദിനോട് എനിക്കറിയാം എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ തന്നെ ബോധിച്ചിരിക്കുന്നു എന്നാൽ ഫെലിസ്ത പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ ഒക്കുകയില്ല നീ തിരിച്ച് നീ താമസിക്കുന്ന സിക്ലാഗിൽ അങ്ങ് പൊക്കോ അവിടെ പോയിരുന്നു ഞങ്ങളുടെ കൂടി ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞ് ദാവീദിനെ പറഞ്ഞയക്കുന്നു ദാവീദ് തിരിച്ച് സിക്ലാഗിൽ ചെന്നപ്പം അവിടെ എന്താ പറ്റി ഇടിവിട്ടവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം അവിടെ നടന്നത് ഈ ചരിത്രമൊക്കെ നമുക്കറിയാം എന്നൊരു ധാരണയിൽ ഞാൻ വളരെ വേഗത്തിൽ പോവുക അവിടെ സിക്ലാഗിൽ തൻ്റെ ആളുകളുടെ അടുത്ത് എത്തിയപ്പം ഇതിനിടയിൽ ദാവീദും കൂട്ടരും അവിടെ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് അമാലേക്കൊരു വന്ന് ഈ സിക്ലാഗ് എന്ന് പറയുന്ന ആ കൊച്ചു ദേശം പിടിച്ചടക്കി ദാവീദിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി എന്നാണ് അറിയുന്നത് അപ്പോൾ ദാവീദും ദാവീദിൻ്റെ കൂടുള്ള പടയാളികളും കൂടെ തിരിച്ച് നിരാശരായിട്ട് യുദ്ധത്തിന് യുദ്ധകാഹളം കേട്ടാൽ അവരെല്ലാം വളരെ ആഹ്ലാദത്തോടെ യുദ്ധത്തിന് തയ്യാറായി പോയതാണ് അവിടെ ചെന്നപ്പം നിങ്ങളെ വേണ്ട നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു അപ്പം തന്നെ പകുതി നിരാശയോടാണ് വരുന്നത് നിരാശ അവിടെ വന്നപ്പം സ്വന്തം നാട്ടിൽ വന്നപ്പം എന്താ അവിടെ ഭാര്യമാരുമില്ല കുഞ്ഞുങ്ങളുമില്ല അവരെയൊക്കെ അമാലേക്കർ വന്ന് പിടിച്ചുകൊണ്ട് പോയി ഉടനെ തന്നെ ദാവീതിൻ്റെ കൂടുള്ള ജനം ദാവീദിനെതിരെ തിരിയുന്ന രംഗമാണ് അവിടെ അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുമോളും ഉറക്കം കരഞ്ഞു അത് തന്നെയല്ല അതിൻ്റെ ആറാമത്തെ വാക്യം ഒന്ന് ശമ്പൽ മുപ്പതിൻ്റെ ആറ് ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു ആരെ കല്ലെറിയണമെന്നാ ദാവീദിനെ നിങ്ങളെ കൂടുണ്ടോ പ്രിയപ്പെട്ടവര് എന്താ സംഭവം എന്ന് മനസ്സിലായോ ദാവീദിൻ്റെ കൂടുണ്ടായിരുന്ന ആളുകൾ തന്നെ ദാവീദിനെതിരായി തീർന്നു എന്തുകൊണ്ടാണ് അവരവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും തിരിച്ചു വന്നപ്പോൾ കാണുന്നില്ല അവരെ അമാലേക്കൊരു പിടിച്ചോണ്ട് പോയി ഓ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വിളിച്ചുകൊണ്ട് പോയതാരാ ദാവീത് അവർ യുദ്ധത്തിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ നേതാവ് ദാവീത് വിളിച്ചോണ്ട് പോയി അവൻ വിളിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും സംഭവിക്കുകയില്ലായിരുന്നു ആമാലേക്ക് വന്നാലും ഈ പ തോൽപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുകയില്ലായിരുന്നു അപ്പം ഈ പ്രശ്നമെല്ലാം ഉണ്ടായതിന് ഉത്തരവാദി ആരാ ദാവീത് ഒരൊറ്റൊരുതനായി പ്രശ്നത്തിനെല്ലാം കാരണം നമുക്ക് ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഒരാളെ സ്റ്റാൻഡി പിടിക്കാനാണല്ലോ താല്പര്യം ഇതിന് ഇതിന് ആരെ ഇതിൻ്റെ ഒരു വിക്റ്റീം വേണം ഒരു ഒര വേണം ഈ സത്യത്തിൽ ദാവീത് വല്ലതും ഉറഞ്ഞാണോ ദാവീത് പാവം ദാവീത് ഈ ആളുകളെയും കൊണ്ട് നടക്കുമ്പോൾ ഇടയ്ക്ക് യുദ്ധത്തിന് പോകണം പല കാര്യങ്ങൾക്ക് പോകണം അതിന് തൻ്റെ കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് പോയി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ദാവീത് മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്തില്ല പക്ഷേ ഈ ആളുകളെല്ലാം മഹാവിഷമത്തിലായപ്പം എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് ദാവീദിനെ എന്തു ചെയ്യാം കല്ലെറിയാം കണ്ടോ പ്രിയപ്പെട്ടവരെ നേരത്തെ ഏഹ് നേരത്തെ ദാവീദ് മരുഭൂമി നടന്നു കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും അവൻ്റെ കൂടെ എപ്പോഴും ലോയലായ വിശ്വസ്തരായ കുറച്ച് ഇത് കണ്ടോ രംഗം കൂടുതൽ വഷളാകുക കൂടുതൽ കർത്തവാവിന് ഇരുട്ടുകൂടുക അമാവാസി കൂടുതൽ ഇരുണ്ടതായിത്തീരുക തൻ്റെ കൂടുള്ളവരും എന്ത് പറയുന്നു ഇവനെ കല്ലെറിയണം ഇവനെ ക്രൂശിക്കുക എന്ന് പറയുക അപ്പോൾ അവിടെ വെച്ച് അവിടെ ഒരു മനോഹരമായ വാക്യമുണ്ട് മുപ്പതിൻ്റെ ആറിൻ്റെ മുപ്പതാമത്തെ ആയ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ദാവീദോ തൻ്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു കണ്ടോ വേറെ ആരിലെങ്കിലും ധൈര്യപ്പെടാനുണ്ടോ കൂടെ തൻ്റെ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും തൻ്റെ ഇടം നിൽക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരെ കൂടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ തന്നെ ശത്രുക്കളായി മാറി ഇവനെ കല്ലെറിയുക എന്ന് പറഞ്ഞപ്പം ദാവീദിന് പിന്നെ ചേരാൻ പക്ഷെ ഒരാളുണ്ട് അതാണ് അവിടെ കാണുന്നത് ദാവീദോ തൻ്റെ ദൈവം ആ വാക്കിനെയൊക്കെ അടിവരെ ഇടണേ ദാവീതിൻ്റെ മാത്രം ദൈവമാണോ ആ ഇവിടെ ദാവീദൻ്റെ മാത്രം ദൈവമാണ് ദാവീദോ തൻ്റെ ദൈവമായ ഈ ഹോവിയിൽ ധൈര്യപ്പെട്ടു സ്വാഭാവികമായിട്ട് സാഹചര്യമുള്ള ഒരു സമയമല്ലിത് എല്ലാവരും കൂടെ കല്ലെറിയാൻ നിൽക്കുമ്പം എങ്ങനെ ധൈര്യപ്പെടും ഊവ് ധൈര്യപ്പെടാം തൻ്റെ ദൈവമായി ഹോയിൽ അവനാശ്രയിച്ചു ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ കറുപ്പ് കൂടിക്കൂടി വരുമ്പോഴും ദാവീദ് ദൈവത്തെ വിട്ടുപോയില്ല ആ ജീവിതത്തിന് അമാവാസി മാത്രമല്ലല്ലോ ദാവീദൻ്റെ ജീവിതത്തിൽ പിന്നീട് പൗർണമാസി ഉണ്ടായി അത് നമ്മൾ രണ്ട് ഷമുകളിലേക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഒന്ന് ബൈബിളൊന്ന് മറിച്ച് നോക്കിയാൽ വളരെ വേഗത്തെ നമുക്ക് കാണാൻ കഴിയും രണ്ട് ശമുകൽ ഒന്നാം അധ്യായത്തിൽ വന്നപ്പം ദാവീദിനെ വേട്ടയാടിയിരുന്ന ഷൗലെന്ത് ചെയ്തു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അവൻ കൊല്ലപ്പെട്ടു അങ്ങനെ ദാവീദിനൊരു എതിരാളി ഇല്ലാതായി ദാവീദ് വനത്തിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ഒക്കെ താൻ യഹൂദ നാട്ടിലേക്ക് പട്ടണത്തിലേക്ക് അതുപോലെ തന്നെ ഹെബ്രോനിലേക്ക് ഒക്കെ വരുന്ന രംഗം രണ്ടാമധ്യായം രണ്ട് ചെമുവിൽ രണ്ടാമധ്യായം താന് അവിടെ വച്ച് അവിടെ എല്ലാവരും കൂടെ കൂടി താന് തിരിച്ചു വന്നപ്പം തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക ചെയ്യുന്നത് രണ്ടിൻ്റെ നാല് പക്ഷേ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ ഒരു സമയത്തിലേക്ക് താൻ വരുമ്പോഴും താനെന്താ ചെയ്യുന്നത് താൻ അവിടെയും ദൈവത്തിൽ നിന്നും മാറിക്കളയുന്നില്ല ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചെന്ന് വരാം എന്നാൽ പൗർണമാസിയിൽ ദൈവത്തോട് ആലോചന ചോദിക്കണോ എല്ലാം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ചൊരു ഉദാസീനരാകുന്ന ഒരു സന്ദർഭമാണ് ചിലപ്പോൾ കാര്യങ്ങളെല്ലാം സുഖത്തിൻ്റെ ഒരു രംഗം പക്ഷേ ഈ രംഗത്ത് ദാവീത് എന്ത് ചെയ്യുന്നില്ല ആ സമയത്ത് ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു രണ്ടിൻ്റെ ഒന്ന് അനന്തരം ദാവിദേഹിയോട് ഞാൻ യഹോദയാ നഗരങ്ങളിൽ ഒന്ന് ചെല്ലണമോ എന്ന് ചോദിച്ചു യഹോ അവനോട് ചെല്ലുക എന്ന് പറഞ്ഞു ഞാൻ എവിടെ ചെല്ലണം എന്ന് ദാവീദ് പിന്നെയും ചോദിക്കുന്നു ഉടനെ നീ ഹെബ്രോനിലേക്ക് എന്ന അരുളപ്പാടുണ്ടായി പൗർണമാസിയുടെ രംഗത്തും ദാവീദ് ദൈവത്തോടെ സ്പർശതയുള്ളവനായിട്ട് ആയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് വ്യക്തിപരമായ ചില തിരിച്ചടികളുണ്ടായ സന്ദർഭങ്ങൾ നമുക്ക് അവൻ്റെ ജീവിതത്തിൽ കാണാമല്ലോ അന്നേരവും ദാവീദ് ആരെ മുറുകെ പിടിച്ചു ദൈവത്തെ മുറുകെ പിടിച്ചു ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കറുത്ത സ്പോട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഏത് മനുഷ്യനും ഏത് വിളക്ക് നമ്മളൊരു ദൂരെ ഒരു വിളക്കിരിക്കുമ്പം ആ വിളക്ക് എന്തേ കാണുകയുള്ളൂ വിളക്കിലെ പ്രകാശം മാത്രമേ കാണുകയുള്ളൂ എന്നാൽ നമ്മൾ അടുത്ത് എന്ന് നോക്കിയാൽ എന്തുണ്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ നേരെ ചുവട്ടിലൊരു ഇരുണ്ട സ്ഥലമുണ്ട് ആ വിളക്കിൻ്റെ നിഴല് വീണ് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര മഹാന്മാരായ ആളുകളെ അകലെ നിന്ന് കണ്ടാലും നമ്മൾ വിചാരിക്കും ഓ ഒരു ഇരുട്ടുമില്ല ഒരു പ്രശ്നവും ഇല്ല എല്ലാം വെളുപ്പാണ് എന്ന് വിചാരിക്കും പക്ഷെ വളരെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ എന്തുണ്ടാകും ഒരു കറുത്ത സ്പോട്ടോ എവിടെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയും മനുഷ്യനാണോ അതുണ്ടാകും കത്തിശോഭിക്കുന്ന ഒരു വിളക്കിൻ്റെ ചുവട്ടിലും അതിൻ്റെ നിഴലെന്നൊരു കറു കറുപ്പുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ദാവീദിൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ കറുത്ത സ്പോർട്ട് നമുക്കറിയാം അത് ബേസേബയുമായിട്ടുള്ള രംഗമാണ് ഊര്യാവിൻ്റെ ഭാര്യയെ അവൻ വഞ്ചിച്ച് ഊര്യാവിനെ കൊന്ന് ഭാര്യയെ ബേസേബെ എടുക്കുന്നതും ആ രംഗത്തും ദൈവം അവനോട് കർശനമായിട്ട് ഇടപെട്ടു ഉടനെ ദാവീദിൻ്റെ നിലപാടെന്തായിരുന്നു ദൈവത്തെ വിട്ടു പോയോ ഇല്ല ഇല്ല അവിടെ ദാവീദ് രാജാവാണ് രാജാവിനോടാണ് ഒരു കൊച്ചു പ്രവാചകം വന്നിട്ട് വളരെ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് സാധാരണ ഏത് രാജാവും അതും പരസ്യമായിട്ട് രാജ സ സദസ്സിൽ എല്ലാവരും കൂടിയിരിക്കെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് അവൻ്റെ നേരെ വിരൽ ചൂണ്ടുക രാജാവിന് നേരെ രാജാവല്ലേ ഇവനെന്താ എന്നോട് ഇങ്ങനെ പറയാൻ എന്താ കാര്യം എന്നല്ലേ സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കുക പക്ഷേ ദാവി ഇത് അങ്ങനെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ അവനവൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അവനവിടെ അനുദവിച്ചു അനുദവിച്ചു ഞാൻ ആ കാര്യം പറയുന്നതിനേക്കാൾ വേറൊരു കാര്യം പറയാനായിട്ടാണ് പന്ത്രണ്ടാമധ്യായം രണ്ട് ശമുതൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം നോക്കുക നാഥാൻ പ്രവാചകൻ ഇവനോട് പല കാര്യങ്ങൾ ഗൗരവമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് നാഥാൻ വീട്ടിലേക്ക് പോയി അപ്പോൾ ഊര്യാവിൻ്റെ ഭാര്യയായ ബേസേബ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവാ ബാധിച്ചു അതിന് കഠിന രോഗം പിടിച്ചു പതിനാറാം വാക്യം രണ്ട് ശമുൽ പന്ത്രണ്ടിൻ്റെ പതിനാറ് ഉടനെ ദാവീത് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു ദാവീത് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു കണ്ടോ അവൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ ഒരു കറുത്ത രംഗം സത്യത്തിൽ അവന് ഈ ദൈവത്തോട് ദൈവം വളരെ ഗൗരവമായിട്ടാണ് ഇടപെട്ടത് ഇനി ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകലാവുന്ന ഒരു രംഗം പക്ഷെ അവിടെ പോലും ദാവീത് എന്തോ ചെയ്യുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം ആ പ്രാർത്ഥന കേട്ടോ പ്രാർത്ഥന കേട്ടുമില്ല ഇന്ന് പലർക്കും ദൈവത്തോടുള്ള ബന്ധം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു പ്രാർത്ഥന കേട്ടില്ല കേട്ടില്ല ആ കുഞ്ഞെന്ത് ചെയ്തു മരിച്ചുപോയി പക്ഷെ മരിച്ചുപോയിട്ടും ദാവീത് ചെന്ന് ആ യഹോവയോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും ദൈവത്തെ വിട്ടുകളഞ്ഞില്ല പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പം അത് ദാവീദിൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഏറ്റവും വിഷമകരമായ ഒരു രംഗമാണ് അവൻ്റെ സ്വന്തം മകൻ അബ്ശാലുവും ദാവീദിനെതിരെ തിരിയുന്നു അബ്ശാലും ദാവീദിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ടെന്ന് കേട്ട് ദാവീദ് എന്തോ ചെയ്യുന്നു ദാവീദ് തൻ്റെ കൂടുള്ള ആളുകളുമൊക്കെയായിട്ട് ആ നാട് വിട്ട് വീണ്ടും യെരിശലേം വിട്ട് രാജധാനി വിട്ട് താൻ എന്ത് ചെയ്യുന്നു ഒരിക്കൽ താൻ ശൗലിനെ പേടിച്ച് ഓടി നടന്ന ആ മരുഭൂമിയിലേക്ക് ഇതാ സ്വന്തം മകനെ പേടിച്ച് താൻ ഓടിപ്പോകുന്ന ഒരു രംഗം ആ ഓടിപ്പോകുന്ന രംഗം കണ്ടോ സാഹചര്യങ്ങൾ മാറി മാറി വരിക പൗർണവാസിയെയും അമാവാസിയെയും മാറി അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലും പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ആ അവിടെ വച്ച് വീണ്ടും അന്ന് സാധോക്കെന്ന് പറയുന്ന ആ പുരോഹിതൻ എന്തു ചെയ്തു ഏതായാലും രാ ദാവീത് രാജാവ് മരുഭൂമിയിലേക്കൊക്കെ പോവുക നമുക്കൂടെ ദൈവത്തിൻ്റെ പെട്ടകവും എടുത്തോണ്ട് രാജാവിൻ്റെ കൂടെ പോകാം എന്ന് വിചാരിച്ച് അവരെ ഈ രാജാവ് മരുഭൂമിയിലേക്ക് പുറപ്പെടുന്ന രാജാവിനോടൊപ്പം ചെല്ലുന്നു ഉടനെ ദാവീദ് അവിടെ പറയുന്നു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ യഹോവയ്ക്ക് നീ ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോവുക എൻ്റെ കൂടെ പെട്ടകം എടുത്തുകൊണ്ട് വരണ്ട പെട്ടകം എവിടെ വെച്ചാൽ മതി ദേവാലയത്തിൽ തന്നെ വെച്ചാൽ മതി ഞാനേ പോട്ടെ ഞാൻ പോയി ദൈവത്തിന് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും ഈ പെട്ടകവും ഈ തിരുനിവാസവും ഒക്കെ വീണ്ടും കാണാൻ എനിക്കൊരു ഭാഗ്യം അന്ന് കിട്ടും ദൈവത്തിന് കൃപയുണ്ടേ കിട്ടും ഒരു അവകാശവാദമില്ല ഒരു പരാതിയില്ല ദൈവത്തെക്കുറിച്ചൊരു ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എൻ്റെ മകനെ എനിക്കെതിരാക്കി തിരിച്ചല്ലോ അങ്ങനെയുള്ള ഒരു പരാതിയോ പരിഭവമോ ഇല്ല അങ്ങനെയുള്ള അമാവാസിയുടെ രംഗത്തും ദാവീദ് ദൈവത്തോടൊപ്പം തന്നെ നിന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലാണല്ലോ ദാവീദിൻ്റെ ഇസ്രായേലുമായ ബന്ധത്തോടുള്ള ബ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലും ജീവിതത്തിലെ രണ്ട് രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും രണ്ട് ശമൂഹിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിലും അതുപോലെ രണ്ട് ശമൂഹിൽ ഇരുപത്തി നാലാം അധ്യായത്തിലുമാണ് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഒരിക്കലേ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇസ്രായേൽ ദേശത്ത് തുടരെ ക്ഷാമമുണ്ടായി മൂന്ന് വർഷം ക്ഷാമം ക്ഷാമം ഉണ്ടായപ്പം ദാവീദ് ഉടനെ തന്നെ ദൈവത്തോട് ആലോചന ചോദിച്ചു ദൈവം എന്തുകൊണ്ടാണ് ഇത് വന്നത് ഉടനെ ദൈവം ഒരു കാര്യം കാണിച്ചു കൊടുത്തു എന്താ പണ്ട് നിങ്ങൾ യോശയുടെ കാലത്ത് യോശയുടെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് യോശയുടെ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗിബയോന്യര് ഗിബയോന്യരോട് നമ്മളൊരു ഒരു അവരെ കൊല്ലുകയില്ലെന്നും അവരോടൊരു കരാറുണ്ടാക്കിയിരുന്നു എന്നാൽ ശൗലെന്ത് ചെയ്തു ശൗല് ആദ്യത്തെ രാജാവ് ഈ ഗിബയോന്യരെ കൊല്ലുകയും ആ കരാറിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ആ ദോഷമാണിപ്പം മൂന്ന് വർഷം തുടരെയുള്ള ക്ഷാമമായിട്ട് വരുന്നത് കണ്ടോ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഒരു തിരിച്ചടി അവിടെയും ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു ദൈവത്തിൻ്റെ ആലോചന പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു മറ്റൊരു രംഗം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അവിടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ ഇസ്രായേൽ ജനതയെ എണ്ണി ഇസ്രായേൽ ജനതയുടെ എണ്ണമെടുത്തു ഈ എണ്ണമെടുത്തപ്പം ഇസ്രായേൽ ജനതയുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യവും ദാവീദ് ചെയ്തത് ദൈവത്തിന് ഇഷ്ടമായില്ല ആ സമയത്ത് ഇതാ ഒരു പ്രവാചകൻ ഗാദ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വരുന്നു നീ ചെയ്തത് തെറ്റാണ് ഇതിന് മൂന്ന് മൂന്ന് ശിക്ഷാവിധികൾ ഞാൻ പറയുക ഏത് വേണേലും നിനക്ക് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഏഴ് സംവത്സരം ദേശത്ത് ക്ഷാമം ഉണ്ടാകാം അല്ലെങ്കിൽ മൂന്ന് മാസം നിൻ്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരാം അല്ലെങ്കിൽ നിനക്ക് മൂന്ന് ദിവസത്തെ മഹാമാരി ഉണ്ടാകാം ഏത് വേണേൽ തിരഞ്ഞെടുക്കാം ദാവീദ് അപ്പം പറയുന്നത് കേട്ടോ ദാവീദ് പറയുക അതിൻ്റെ ഇരുപത്തിനാലിൻ്റെ പതിനാല് ഹോവയുടെ കയ്യിൽ തന്നെ വീഴുക അവൻ്റെ കരുണ വലിയതല്ലോ ദാവീതിന് വേണമെങ്കിൽ ദൈവത്തോട് ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് ഇടർച്ച തോന്നാവുന്ന ഒരു രംഗമല്ലേ ദൈവം ഞാൻ എന്തോ തെറ്റ ചെയ്തു ഇവിടെ നീ ഇത്രയും ജനത്തെ വിപുലമാക്കി ഇത്രയും ദൈവത്തിൻ്റെ ജനം ഇത്രയും വർധിച്ചു അതിന് ഞാനൊരു എണ്ണമെടുത്ത് തന്നെയുള്ളൂ അതിന് ഈ നിലയിലൊക്കെയാണോ എന്നോട് പെരുമാറേണ്ടത് എന്ന് ദൈവത്തോട് വേണേ കലഹിക്കാവുന്ന ഒരു രംഗമാ പക്ഷേ അവിടെ ദാവീദ് എന്താ ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ തന്നെ വീഴുക ഞാനപ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ജി ഈ പറഞ്ഞ ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് ദാവീതിൻ്റെ ജീവിതത്തിലെ അമാവാസിയുടെയും പൗർണവാസിയുടെയും മാറി വരുന്ന രംഗങ്ങളാണല്ലോ നമ്മൾ വായിച്ചത് ഈ രംഗങ്ങൾ നമ്മൾ ആദ്യം വായിച്ച സങ്കീർത്തനത്തോട് ചേർത്ത് ചിന്തിക്കുമ്പം ദാവി ഇതെന്തോ ചെയ്തു അമാവാസിയിലും പൗർണമാസിയിലും താന് ദൈവത്തിന് കാഹളമൂതി ദൈവത്തെ സ്തുതിച്ചു തൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിനെതിരെ ഒരു പരാതി വന്നില്ല ദൈവത്തിനെതിരെ ഒരു പിറുപിറുപ്പ് വന്നില്ല ദുഃഖകരമായ സാഹചര്യം വന്നു പക്ഷേ അവിടെയും ദൈവത്തോട് ചേർന്ന് നിന്നു സന്തോഷകരമായ സാഹചര്യം വന്നു അവിടെ ദൈവത്തെ മറന്നു ദൈവത്തോട് ചേർന്നു നിന്നു നമ്മുടെ ജീവിതത്തിലും ഈ രണ്ട് സാഹചര്യങ്ങളാണ് മാറി മാറി വരുന്നത് രണ്ടടത്തും നമ്മൾ ദാവീദിനെ പോലെ നമ്മുടെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് ശുശ്രൂഷിക്കണം ആട്ടെ നമ്മളിതിപ്പോൾ ചരിത്രങ്ങളും കഥകളും എല്ലാം പറഞ്ഞു വന്നു ഇതെങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുക എങ്ങനെയാണ് നടപ്പാക്കാൻ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് എഫുകളുണ്ട് മൂന്ന് എഫ് എഫ് ഇംഗ്ലീഷിലെ ഒരു ലെറ്ററാണ് മൂന്ന് എഫ് ഒന്നാമത്തെ എഫെന്ന് പറയുന്ന ഫാക്റ്റാണ് രണ്ടെന്ന് പറയുന്ന ഫെയ്ത്താണ് മൂന്നാമത്തെ എഫെന്ന് പറയുന്ന ഫീലിംഗാണ് മൂന്ന് എഫ് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം എന്നു വെച്ചാൽ നമുക്ക് പലപ്പോഴും ഈ പൗർണമാസിയിൽ സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ആ ഫീലിംഗാണ് നല്ല നല്ല ചന്ദ്രൻ തിളങ്ങുന്നു ചന്ദ്രിക ഇങ്ങനെ ഇവിടെ എല്ലാം വീണ് കിടക്കുന്നു ഓ എത്ര മനോഹരം പ്രകൃതി ഭംഗി എല്ലാം നോക്കിയോ നമുക്കൊരു ഫീലിംഗാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വരുന്നു സൗഹരന്മാരെല്ലാം അയ്യോ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ വലിയേറിയ യഥാസനം ഉണ്ടോയെന്ന് പറയുന്നു എല്ലാവരും നമ്മളെ അഭിനന്ദിക്കുന്നു കൊള്ളാം കൊള്ളാം കൊള്ളാം നമ്മുടെ ഫീലിങ്ങാണ് അന്നേരം നമുക്ക് എന്ത് ചെയ്യാം ദൈവത്തെ സ്തുതിക്കാം ഇവിടെ ഫീലിങ്ങിനെ നോക്കിയിട്ടുള്ള ഫെയ്ത്താണ് പലയിടത്തും എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ മൂന്ന് എഫുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണം എന്ന് വെച്ചാൽ ഫാക്റ്റ് എന്ന് പറയുന്ന വസ്തുത മുൻപിൽ പോകണം അതിൻ്റെ പുറകെ ഫെയ്ത്ത് പോകണം അതിൻ്റെ പുറകെ ഫീലിങ് പോണം ഇങ്ങനാ പോകേണ്ടത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്താ വസ്തുത ഫാക്റ്റ് എന്താ നമ്മളെ സംബന്ധിച്ച ഫാക്റ്റ് എന്താ സഹോദര സഹോദരി നിങ്ങളെ സംബന്ധിച്ച ഫാക്റ്റ് എന്താ വസ്തുത എന്താ വസ്തുതയെന്ന് പറഞ്ഞാൽ മാറിപ്പോകാത്ത കാര്യമാണ് കൊടുങ്കാറ്റടിച്ചാലും ഓ കാലവർഷം പെയ്താലും പെയ്തില്ലെങ്കിലും ഒക്കെ വസ്തുത മാറിപ്പോകുകയില്ല കൃത്യമായിട്ട് ഫാക്റ്റാ ഫാക്റ്റാ നമ്മളെ സംബന്ധിച്ച ഫാക്റ്റ് എന്താ നമ്മളെ സംബന്ധിച്ചുള്ള ചില ഫാക്റ്റുകളുണ്ട് നമ്മൾ ചിലപ്പോൾ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ എന്താ ഫാക്ട് ഓ ഈ മുഴി സൃഷ്ടിച്ച ദൈവം നമ്മുടെ പിതാവാണെന്നുള്ളതാ ഒന്നാമത്തെ ഫാക്ട് ആ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാ അതിനെ തുടർന്നുള്ള ഫാക്റ്റ് ഓ നമ്മളെ നടത്തുമെന്നുള്ളതും നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും ഒക്കെയാണ് ഈ വസ്തുതകൾ ഈ വസ്തുതകളാണ് നമ്മളെ നയിക്കേണ്ടത് ഈ വസ്തുതകളിലാണ് നമ്മൾ നമ്മുടെ ഫെയ്ത്തിനെ കൊണ്ടുവന്ന് വെക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ വസ്തുതകളിൽ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കും ഈ ഫീലിങ് വികാരമെന്ന് പറയുന്നത് ഏറ്റവും പുറകെ വരും പുറകെ വരുമ്പം അതിനെ തുടർന്നാണ് നമുക്ക് സന്തോഷമുണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാന വിശ്വാസികൾ പലരും അങ്ങനെയല്ല വിശ്വാസികൾ പലരും ഫീലിങ്ങിലാജീവിക്കുന്നത് അവരെന്താ ഈ മൂന്നാമത് പറഞ്ഞ വികാരത്തിലാജീവിക്കുന്നത് ഇന്ന് ഇന്ന് വന്നു വന്ന ഉടനെ സഹോദരൻ എനിക്ക് കൈ കൈ കൈ തന്നു ബ്രദറെ ഇരിക്കുന്നു പറഞ്ഞു ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവന്നു എന്നെ ഇരുത്തി എനിക്ക് ഒരു ഗ്ലാസ് ചൂട് തന്നു പാട്ട് ഞാൻ വിചാരിച്ച പാട്ടൊക്കെ തന്നെ പാടി കൊള്ളാം കൊള്ളാം കൊള്ളാം ഇതെന്താ ഇത് ഫീലിങ്ങാണ് അതുകൊണ്ട് നീ പറയുക ഇന്നത്തെ യോഗം നല്ല യോഗമാണ് എന്ന് പറഞ്ഞാൽ അതാണോ അങ്ങനെയാണോ പോകേണ്ടത് അങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാട്ട് കൂടെ പാടും ഏ നിനക്ക് താല്പര്യമില്ലാത്ത ഒരു വാക്കിവിടെ വായിക്കും പിന്നെ ഫീലിങ് തകർന്നു പോയി പ്രിയപ്പെട്ടവർ നമ്മുടെ വിശ്വാസം ഫീലിങ്ങിലല്ല കൊണ്ടുവന്ന് വെക്കേണ്ടത് ഫാക്റ്റിലാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കൈ തന്നില്ലേലും കസേരയിലിരുത്തിയില്ലേലും ചൂടുവെള്ളം തന്നില്ലെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്ത പാട്ട് പാടിയാലും എന്ത് നഷ്ടപ്പെടുകയില്ല എനിക്കൊരു പിതാവുണ്ട് അവനെന്നെ സ്നേഹിക്കുന്നു അവനെന്നെ നടത്തും അവനെന്നെ കൈക്കൊണ്ടിരിക്കുന്നു എന്നെ ഞാനായിട്ട് അംഗീകരിച്ച ഒരൊറ്റയാളേ ഉള്ളൂ അത് ദൈവമാണ് നമ്മൾ വിചാരിക്കും ഓ എല്ലാവരും നമ്മളെ അംഗീകരിച്ചു അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മുടെ ചില നമ്മുടെ ചില കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയലേ പറയും പറയുമ്പം പക്ഷെ അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ എന്നെ ഞാനായിരിക്കുന്നത് പോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരൊറ്റയാളേ ഉള്ളൂ അത് നമ്മുടെ ജീവിത പങ്കാളിയല്ല കുഞ്ഞുങ്ങളല്ല സവോറിനല്ല ആരുമല്ല മറിച്ച് എന്നെ അടിമുടി അറിയുന്നവൻ എൻ്റെ എൻ്റെ അകവും പുറവും അറിയുന്നവൻ എന്നെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കിയവൻ അങ്ങനെയുള്ള ദൈവം ആ ദൈവം എന്നെ എൻ്റെ പ്രത്യേകതകളോടുകൂടെ എന്നെ സ്നേഹിക്കുന്നു ആ ഒരു ഫാക്റ്റിനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകളയരുത് ജീവിതത്തിൽ ചിലപ്പോൾ നിരാശാജനകമായ രംഗങ്ങളുണ്ടാകാം പക്ഷെ അതുണ്ടായാലും നമ്മൾ ഈ ഫാക്റ്റിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും പതുക്കെ നമുക്ക് സന്തോഷത്തിൽ നമുക്ക് ആ ദുഃഖത്തിൻ്റെ രംഗത്ത് നമുക്ക് ദൈവത്തിന് കാഹളമൂതാനായിട്ട് കഴിയും ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കുന്നു ദൈവെന്നെ പരീക്ഷയ്ക്ക് സഹായിക്കും വീട്ടിൽ വിളിച്ച് പറഞ്ഞു അമ്മയെ പ്രാർത്ഥിച്ചോണം അമ്മ മൂന്ന് ദിവസം ഉപവാസം എടുത്തു അപ്പൻ രണ്ട് ദിവസം ഉപവാസം എടുത്തു പ്രാർത്ഥനയും എല്ലാം നടന്നു അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പം ഒന്നും ഒന്നും എഴുതാൻ പറ്റുന്നില്ല ഒന്നും എഴുതാൻ പറ്റുന്നില്ല എടാ പരീക്ഷ വരും പരീക്ഷ പോകും പരീക്ഷയിലാണോ നിൻ്റെ ജീവിതത്തെ ജീവിതത്തിൻ്റെ ആകത്തുക പരീക്ഷകൾ വരാൻ പരീക്ഷകൾ പോകാം ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ വ വർത്ത ഉള്ളതാക്കി തീർക്കുന്നത് എന്താ നമുക്കൊരു പിതാവുണ്ടെന്നുള്ളതാണ് നമ്മളെ സ്നേഹിക്കുന്ന ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ഉണ്ടെന്നുള്ളതാണ് അവനെന്നെ സ്നേഹിക്കുന്നു അവനെന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നു എന്നുള്ളതാണ് ആ ഫാക്റ്റിനെ നോക്കുക അത് നോക്കുമ്പം നിനക്ക് പരീക്ഷ തോറ്റ അമാവാസിയിലും ദൈവത്തിന് കാഹളമൂതാനായിട്ടൊക്കും ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അമാവാസിയിലും പൗർണമാസിയിലും കാഹളമൂതി ദാവി കാഹളമൂതി ശരിയാണ് ശരിയാണ് പക്ഷേ നമുക്കെങ്ങനെ ഒക്കും നമ്മൾ നമ്മൾ ഈ എഫുകളെ അതിൻ്റെ യഥാർത്ഥ ലെവലിൽ കൊണ്ടുവന്നാൽ നമുക്കും എന്തു ചെയ്യാനൊക്കും കാഹളമൂതാൻ ഒക്കും മുമ്പിൽ പോകുന്നത് ഏതായിരിക്കണം വസ്തുതകൾ പോകണം നമ്മൾ ഈ വസ്തുതകളെ നോക്കണം വസ്തുതകളെ നോക്കണം എനിക്കൊരു ദൈവമുണ്ട് അവനെന്നെ സ്നേഹിക്കുന്നു അവൻ എനിക്ക് വേണ്ടത് കരുതിക്കൊള്ളും അവനെന്നെ എൻ്റെ പെറ്റമ്മനെ ഉപേക്ഷിച്ചാലും അവനെന്നെ ഉപേക്ഷിക്കേയില്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു കർത്തവാവ് പോലെ തോന്നുന്നു പക്ഷേ ഈ ഫാക്റ്റിനെ നമ്മൾ നോക്കുമ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും നമ്മുടെ ഫീലിങ്ങും ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ദൈവത്തിന് കാഹളമൂതത്തക്കവണ്ണം മനോഹരമായി വരും അതിനു പകരം പല വിശ്വാസികളും ഫാക്റ്റിനെ നോക്കാതെ നടുക്കുള്ള ഫു തിരിഞ്ഞ് പുറകോട്ട് നോക്കി എന്തിനെയാ നോക്കുന്നത് ഫീലിങ്ങിനെയാണ് നോക്കുന്നത് ഫീലിങ്ങിനെ നോക്കുമ്പോൾ ഫീലിങ് എന്തോ പറ്റും ഫീലിങ് ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ മാറി മാറി വരും വികാരങ്ങളല്ലേ അതങ്ങനെ ഇങ്ങനെയും വരും അതിനെ ആശ്രയിച്ചൊരു ക്രിസ്തീയ ജീവിതം നയിക്കല്ലേ സഹോദര സഹോദരി എൻ്റെയും നിൻ്റെയും ക്രിസ്തീയ ജീവിതം ഏത് രംഗത്തും നമുക്ക് ദൈവത്തോട് അടുപ്പമുള്ള ഒരു ബന്ധം സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം വസ്തുതകളെ നോക്കി ആ വസ്തുതകളെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക വികാരം അതിൻ്റെ പിന്നാലെ വന്നോളും പിന്നാലെ വന്നോളും ഇതാണ് നമുക്ക് അമാവാസിയിലും പൗർണമാസിയിലും നമുക്ക് കാഹളമൂതാനുള്ള അതിൻ്റെ രഹസ്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം അങ്ങനെ ഒരു പുസ്തകമുണ്ട് സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലിവിങ് എന്ന് പറഞ്ഞ ഒരു സഹോദരി എഴുതിയ പുസ്തകമുണ്ട് സന്തോഷകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ പോലെ നമ്മളതോട് ചോദിക്കുക ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം എന്താ ഇതാ ഇതൊരു രഹസ്യമാണ് ഇതൊരു രഹസ്യമാണ് പലർക്കും ഇത് മനസ്സിലാകുന്നില്ല പലരും കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കുമ്പം ഓ സാക്ഷ്യമുണ്ട് പാട്ടുണ്ടെല്ലാം ഉണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല ദാവീത് അങ്ങനെയായിരുന്നില്ല ദാവീത് രണ്ട് രംഗത്തും ദൈവത്തോട് സ്പർശതയുള്ളവനായിരുന്നു അതുകൊണ്ട് അവൻ അവൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ അഹിതം ചെയ്തു നമുക്ക് നമ്മുടെ തലമുറയിൽ ദൈവത്തിൻ്റെ അഹിതം ചെയ്യണ്ടേ ചെയ്യണം നമുക്ക് ചിലപ്പം നമുക്ക് ചില പരാജയങ്ങൾ വരും നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത ചില രംഗങ്ങൾ വരും എന്തോ എന്തോ പറഞ്ഞ് നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടം തോന്നാത്ത ചില രംഗങ്ങൾ വരും അങ്ങനത്തെ രംഗങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങളൊക്കെ ഏഹ് വളരെ ഏഹ് നമുക്ക് തന്നെ നമ്മളെ ചിലപ്പോൾ ഹ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ അങ്ങനാണോ പെരുമാറേണ്ടത് ഇത്രയും ദൈവോജനമെല്ലാം കേട്ടു ഇത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ ഒരു കൊച്ചു കാര്യത്തിന് ഞാൻ കണ്ടക്ടറോട് വഴക്കുണ്ടാക്കിയല്ലോ പത്ത് പൈസ തന്നില്ലെന്നും പറഞ്ഞു കണ്ടക്ടറോട് ആരാ സി എഫ് സി പോകുന്ന സഹോദരിയാണ് ഓ താനൊക്കെ അല്ലല്ലോ എനിക്ക് തന്നെയൊക്കെ അറിയാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നു ഇത് അങ്ങനെയാകെ കുഴപ്പമില്ല ആളൊക്കെ ഇട്ട് തലേ തുണിയിട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങി വരിക പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ല സഹോദര സഹോദരി ഞാനും നീ എന്തല്ല പെർഫെക്റ്റ് അല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരാം നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്ത ചില രംഗങ്ങൾ വരാം പക്ഷെ അപ്പോഴും നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരുവനുണ്ട് എന്നെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുവനുണ്ട് അതാണ് നമ്മുടെ കർത്താവ് ഇളയപുത്രൻ ഇളയപുത്രൻ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ അപ്പനോട് പറഞ്ഞു അപ്പാ അപ്പാ എന്താ ലൂക്കസിൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പനോട് പറഞ്ഞു അപ്പാ നീ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല യോഗ്യനല്ല അവൻ യഥാർത്ഥത്തെ പറഞ്ഞതാണ് ശരിയല്ലേ അവൻ യോഗ്യനാണോ യോഗ്യനല്ല അവൻ അവൻ്റെ അയോഗ്യത കൂടുതൽ കൂടുതൽ പറഞ്ഞപ്പം അപ്പനെന്തോ ചെയ്തു ആ അയോഗ്യത അവൻ കൂടുതൽ കൂടുതൽ പറഞ്ഞപ്പം അവനെ കൂടുതൽ കൂടുതൽ യോഗ്യനായിട്ട് എണ്ണി ഉടനെ തന്നെ ഉടനെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ ആക്കണമേന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വരിക വരുന്ന ഉടനെ അപ്പൻ ചെന്ന് അവനെ കേട്ടിപ്പിടിച്ച് ചുംബിച്ചു മകനപ്പനോട് ഇരുപത്തൊന്നാമത്തെ വാക്യം ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തൊന്ന് അപ്പ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാവം ചെയ്തിരിക്കുന്നു ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്നും പറഞ്ഞു പക്ഷെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ ആക്കണമേ എന്ന് പറയാൻ തുടങ്ങിയായിരിക്കും അപ്പനത് സമ്മതിച്ച് കാണുകയില്ല അവനെ അവൻ്റെ വായെ ചുംബനം കൊണ്ട് മൂടി എന്നൊക്കെ വളരെ ഒരു സെൻറ്റിമെൻറ്റലായിട്ട് പറയാനാണ് എനിക്ക് താല്പര്യം അപ്പൻ പറഞ്ഞു എന്ത് ചെയ്തു അത് പറയിപ്പിച്ചില്ല ആ എന്തൊക്കെയാണേലും എൻ്റെ മോന അവനെ പന്നിക്കൂട്ടി പോയേച്ചാൽ വരുന്നത് പക്ഷേ എൻ്റെ മകൻ മകനല്ലാതാകും ഉടനെ തന്നെ അവന് അവൻ്റെ അയോഗ്യതകളെ അവൻ എണ്ണി എണ്ണി പറഞ്ഞപ്പം അപ്പനെ ഓരോ അയോഗ്യത പറയുമ്പോഴും ഓരോ യോഗ്യതയെ അവനെ അണിയിക്കുക ചെയ്യുന്നു ഉടനെ എപ്പം പറയുക വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുപോവാം ഏ ഞാൻ അപ്പം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും മേൽത്തരമായി അങ്കി കൊണ്ടുപോകാം നിന്നോടും പാവം ചെയ്തു ഉടനെ കൈക്ക് മോതിരവും കൂടി ഇട നിൻ്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനില്ല കാലിന് ചെരുപ്പ് കൂട കണ്ടോ ഓരോ കാര്യങ്ങളിലെ നമ്മുടെ അയോഗ്യത കാണുമ്പം അതിനെ തന്നെ യോഗ്യതയായിട്ട് കാണുന്ന ഒരു പിതാവ് പിതാവിന് മാത്രമേ ഇങ്ങനെ ഒക്കെയുള്ളൂ മൂത്തപുത്രൻ ഇതൊക്കെയല്ല മൂത്ത സഹോദരനാണ് പക്ഷെ പുള്ളിക്കാരൻ അതൊക്കുകയില്ല അതുകൊണ്ടാണ് ദൈവത്തെ പിതാവെന്ന് പറയുന്നത് പിതാവിന് മാത്രമേ ഒരു പിതാവിൻ്റെ ഹൃദയം വ്യത്യസ്തമാണ് എത്ര തെറ്റ് ചെയ്താലും ഒരു പിതാവിൻ്റെ ഹൃദയം ഇന്നിപ്പോൾ ഇന്നിപ്പോൾ അതിന് വിരുദ്ധമായ പല കാര്യങ്ങളുമൊക്കെയാണ് വാർത്തയിൽ വരുന്നത് അപ്പന്മാർ സ്വന്തം ഇഷ്ടമില്ലാത്ത വിവാഹം കഴിക്കാൻ പോകുന്ന മോളെ കുത്തി കൊന്ന വാർത്തയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്നത് അപ്പോൾ അതല്ല യഥാർത്ഥ പിതാവിൻ്റെ ഹൃദയം യഥാർത്ഥ പിതാവ് എന്താ യഥാർത്ഥ പിതാവ് എന്താണ് ആ കുഞ്ഞിനുണ്ടാകുന്ന തെറ്റുകളെപ്പോലും ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ആ പിതാവ് എന്നിട്ട് ആനന്ദത്തിൻ്റേതായ ഒരു സമയത്തിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വേഗത്തെ പറഞ്ഞു വന്നാൽ നമ്മുടെ കുറവുകൾ പോലും ദൈവത്തെ സ്തുതിക്കാൻ എന്നതിൽ നിന്നും നമ്മളെ എന്താക്കി മാറ്റരുത് തടസ്സപ്പെടുത്തരുത് കാരണം നീ ഞാനും നമ്മുടെ കുറവുകളുമായിട്ട് നമ്മുടെ അയോഗ്യതകൾ എണ്ണി എണ്ണി പറയുമ്പം അതിനെ ക്ഷമിച്ച് നമുക്ക് മേത്തരമായ അങ്കിയും നമ്മുടെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും വലതുവശത്തെ ഇരുത്തലും സദ്യവിളമ്പ് എന്നുള്ള ആ ഒക്കെ നടത്തുന്നവനാണ് നമ്മുടെ പിതാവ് കണ്ടോ ഇവിടെ ഇവിടെ ഇവിടെ നമ്മൾ അവൻ്റെ ജീവിതത്തിലെ അമാവാസിയുടെയൊക്കെ രംഗങ്ങളാണ് കുറ്റബോധത്തിൻ്റെയും നിരാശയുടെയും ഓ ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന രംഗം പക്ഷെ അതിനെ എന്താക്കി തീർത്തു അതിനെ ഓ സന്തോഷത്തിൻ്റെ സമയമാക്കി തീർത്തു നിങ്ങൾ സമയമുള്ളപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ എത്ര സന്തോഷിച്ചു സന്തോഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് അടിവരയിട്ടുകൊണ്ട് വരാമോ അതായത് സന്തോഷിക്കുക ഇവിടെ മൂന്ന് കാര്യങ്ങളാണല്ലോ പറയുന്നത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട് ആറാമത്തെ വാക്യത്തിൽ സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട് കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയപ്പം സന്തോഷിച്ചു അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം പത്താമത്തെ വാക്യം അവരുടെ മധ്യേ സന്തോഷമുണ്ടാകും കണ്ടോ ഈ മുടിയമ്പുത്രൻ്റെ ഉപമ പോലുള്ള മറ്റ് രണ്ടുപമയിലും സന്തോഷങ്ങളിങ്ങനെ കൂടിക്കൂടി വരിക അവസാനം ഈ മുടിയമ്പുത്രൻ്റെ ഇടയിലേക്ക് വന്നിരുമ്പം അവിടെ നമ്മൾ സന്തോഷത്തിന് പകരം വേറൊരു വാക്കുക ആനന്ദിക്കുക ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരുമ്പോൾ കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറുപ്പിൻ നാം തിന്ന് ആനന്ദിക്കുക ആനന്ദിക്കുക വാക്യത്തിൽ ആനന്ദിച്ച് തുടങ്ങി ഉടനെ അങ്ങനെ വന്ന് മൂത്തപുത്രൻ ചോദിക്കുന്നു എനിക്ക് ആനന്ദിക്കേണ്ടതിന് ഇരുപത്തൊൻപതിൽ അവിടെയും ആനന്ദവും സന്തോഷവും വരുന്നു ഏ ആനന്ദിക്കുക അതിനപ്പൻ പറയുന്ന മറുപടി മുപ്പത്തിരണ്ടിൽ വരുമ്പം ആകെയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ഗ്രാമറൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം ഒന്നീ ആനന്ദിച്ച് നമ്മൾ പറയുക ഈ ഇത് ഈ ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത സഹോദറിനെ കണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഒരു ക്ലാസ് എടുക്കും സുഹൃത്തെ ഇങ്ങനെയൊക്കെയാണോ ഭാഷ എഴുതേണ്ടത് ഒന്നീ ആനന്ദിക്കുകയെന്ന് എഴുത് അല്ലെങ്കിൽ സന്തോഷിക്കുകയെന്ന് എഴുത് ആനന്ദിച്ച് സന്തോഷിക്കുകയെന്ന് വെച്ചാൽ അവിടെ ഒരു ആവർത്തനം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് വ്യാകരണ പ്രകാരം അത് തെറ്റാണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഒന്നേ ആനന്ദിച്ചു എന്ന് പറയണോ അല്ലെ സന്തോഷിച്ചു എന്ന് പറയണം ആനന്ദിച്ച് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ ഇടപാടാണ് വ്യാകരണം ചിലടത്ത് തെറ്റിപ്പോകും പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മൾ സ്നേഹമുള്ള ഒരു പിതാവിൻ്റെ മക്കളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കുറവുകൾ പോലും ദൈവത്തിന് കാഹളമൂതുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കേണ്ടതായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ആ മുടിയമ്പുത്രനെക്കുറിച്ച് ഉള്ളതുപോലെ ഒരു അനിതാപത്തോടെ വരണമെന്നുള്ള കാര്യം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് പരാജയങ്ങൾ കൃപ ലഭിക്കാത്ത രംഗങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാവും പക്ഷേ എന്തുണ്ടാവും ദൈവം നമ്മളെ തള്ളിക്കളയല ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നോക്കുക ആ ദൈവത്തിൻ്റെ കരുണയെ കാണുക ആ വസ്തുതകളെ നോക്കുക ആ വസ്തുതകളെ നോക്കി നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ ആ വിശ്വാസം വർദ്ധിക്കുമ്പം നമ്മുടെ സന്തോഷവും ആനന്ദവും വികാരങ്ങളും വർദ്ധിച്ചു വരും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം കർത്താവേ ഞാൻ നിന്നെ വിട്ടു നിന്നെ വിട്ടു പോവുകയില്ല സുഖം ദുഃഖം ജയം പരാജയം എന്നൊക്കെ കാര്യങ്ങളെ അങ്ങനെ പറയുന്നത് സത്യത്തെ നമുക്കങ്ങനെ തരംതിരിക്കണോ നമുക്ക് ഏത് രംഗത്തും വെളുത്തവാവെന്നും കർത്തവാവെന്നും തരംതിരിക്കണ്ട വെളുത്തവാവിലും നമുക്ക് കാഹളമൂതണം ഓ കറുത്തവാവിലും കാഹ്ളമൂതണം അത് ദൈവത്തിനൊരു ചട്ടമാവും പ്രമാണമാ പ്രമാണം മാറ്റാനൊക്കുന്നതല്ല പ്രിയപ്പെട്ടവർ ഈ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ചാലേ ക്രിസ്തീയതയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിലാകെയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം